മേഘം സൂര്യനെ മറച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സൂര്യ വെളിച്ചം കൊണ്ട് മേഘം കാണപ്പെടുന്നു എന്ന് വേണം പറയാം അല്ലേ രണ്ടു വിധത്തിലും പറയാം ഇതൊരു സാധനം നോക്കണം മേഘം സൂര്യനെ മറച്ചു എന്ന് പറയാം സൂര്യ വെളിച്ചം കൊണ്ട് മേഘം കാണപ്പെടുന്നു എന്ന് പറയാം അതേപോലെ നമ്മളുടെ ഉള്ളിൽ കാമം കോപം മുതലായിട്ടുള്ള വികാരങ്ങളൊക്കെ മേഘം പോലെ വന്നിട്ട് ഞാൻ എന്നുള്ള ഈ അനുഭവമണ്ഡലത്തിനെ ഈ ബോധത്തിനെ മറച്ചു അത് നമുക്ക് ബ്രഹ്മമായിട്ട് പ്രകാശിക്കുന്നില്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും മഹാവാക്യത്തിന്റെ പൊരുൾ നമുക്കൊന്നും കിട്ടണില്ല കാരണം എന്താ അതിന്റെ മുമ്പില് ഈ പ്രജ്ഞാനത്തിനെ മറച്ചുകൊണ്ട് ഓരോ വികാരമേഘങ്ങളും ഇങ്ങനെ ശകലം ശകലമായി വരുന്നു നമ്മളുടെ ശ്രദ്ധ ഈ വികാരത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് പറയണോ അയ്യോ എനിക്ക് കോപം വരുന്നു എനിക്ക് അസൂയ വരുന്നു എനിക്ക് ദേഷ്യ വരുന്നു എനിക്ക് ദേഷ്യം വരുന്നു പല വികാരങ്ങൾ വരുന്നു ഇതൊക്കെ വരുന്നത് കാരണം എനിക്ക് ആത്മാവിനെ അറിയുന്നില്ല എന്ന് സാധകന്മാരായിട്ടുള്ള ഒരു പറയും അതൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് എന്താന്ന് വെച്ചാൽ ആ വികാരങ്ങളൊക്കെ വരുമ്പോ നോക്കുക ഈ വികാരങ്ങളുടെ പുറകിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വികാരമൊന്നും പ്രവർത്തിക്കില്ല ഈ തൂണിന് കോപവും വരില്ല കാമവും വരില്ല ഈ തൂണിന് അസൂയയും വരില്ല എനിക്ക് വരുന്നു വരുന്നു എന്നുള്ളത് തന്നെ ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് അത് വരുമ്പോ തന്നെ അതിന് പുറകിൽ ഈ വെളിച്ചം കൊണ്ട് ആ വെളിച്ചത്തിലിരുന്നു കൊണ്ടാണ് എനിക്ക് വരണോ എനിക്ക് വരുന്നുണോ എനിക്ക് വരണോ എന്ന് പറയണതേ വരുമ്പോ തന്നെ എന്ത് വേണം ഏത് വികാരത്തിനെ ആശ്രയിച്ചുകൊണ്ടും സാക്ഷാത്കാരത്തിലേക്ക് പോവാം സാക്ഷാത്കാരം എന്ന് വെച്ചാൽ എന്താ ഞാൻ എന്നുള്ള അനുഭവം ഞാൻ എന്നുള്ള അനുഭവം മാത്രമായിട്ട് നിൽക്കുന്ന സ്ഥിതിയാണ് സാക്ഷാത്കാരം അതിനാണ് നിർവികൽപ്പ സമാധി എന്ന് പറയണം ഞാൻ എന്നുള്ള അനുഭവത്തില് ഒരു വികാരവും കൂടിക്കലരാതെ നിന്നാൽ അത് തന്നെ ബ്രഹ്മമായിട്ട് പ്രകാശിക്കും അതാണ് മഹാവാക്യത്തിന്റെ അർത്ഥം ശുദ്ധ പ്രജ്ഞാനമായിട്ട് ബോധമായിട്ട് അവിടെ പ്രകാശിക്കും എല്ലാം ബോധമാണ് ബോധമാണ് ബോധം എന്ന് വെച്ചാൽ എന്താ ബോധം എന്നുള്ള വാക്ക് ബോധമല്ല ഇറ്റ് ഓൺലി കോൺസെപ്റ്റ് ബോധമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധം എന്താ ബോധത്തിന് എവിടെ തെറിയും അപ്പോഴാണ് രണ്ടാമത്തെ മഹാവാക്യം പറയണത് അഹം ബ്രഹ്മാസ്മി അഹം എന്നുള്ളതിൽ കാണൂ ബോധത്തിന് അനുഭവത്തിൽ കാണണമെങ്കിൽ ഞാനുണ്ട് എന്ന് അനുഭവപ്പെടുന്നുണ്ടല്ലോ അതെന്താ ശ്രദ്ധയെ പതുക്കെ അതിലേക്ക് തിരിക്കുന്നു തിരിക്കുമ്പോൾ ആ ബോധത്തിലാണ് എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് കോപവും കാമവും അസൂയിയും ദേഷ്യവും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അഹങ്കാരം കാരത്തിനെ എടുത്ത് കളഞ്ഞാൽ അഹം ബോധം അത് കാരത്തെ എടുത്തു കാരം കർത്തൃത്വം കർത്തൃത്വം എരിതാ അത് കാരം അത് കർത്തൃത്വത്തെ എടുത്തോമാനാ കാരം പോ മധുരമാക്കം ബോധം അപ്പൊ അത് നാങ്ക അനുഭവത്തെ നാങ്ക കാരം പോയിട്ട് നാട്ടേ ആത്മാ നാൻ ഉദിയാതെ ഉള്ള നില ുള്ള നില നാം ഉദി സ്ഥാനമതാടമിഴപ്പത് എവൻ നാണ അഹങ്കാരദിക്കാതെ നിലയിലെ അഹം ബോധം ഇരിക്ക അഹങ്കാരം ഉദിച്ചിടാ മേഘം മറക്കാ മാറി അഹം ബോധത്തെ മറച്ചും സൂര്യ വെളിച്ചത്തിലേ ഉണ്ടാകാ പോയി സൂര്യനെ മറക്കാ മാതിരി ആത്മാവാകൂട അകത്തേന്ത് ഉണ്ടാ അഹങ്കാരം ആത്മാവാക്ക അഹത്തെ മറച്ചോട് മേഘത്തിന്റെ ഇടയെക്കൂടെ കാണാം അല്ലെ സൂര്യനെ അതുപോലെ ഒരു വികാരം വന്നിട്ട് അടുത്ത വികാരം വരുന്നതിന് നടുവിൽ ഒരു ഗ്യാപ്പുണ്ട് ഒരു സന്ധ്യ ആ സന്ധ്യയിൽ നമുക്കൊക്കെ ആത്മാനുഭവമുണ്ട് വാസ്തവത്തിൽ ആത്മാനുഭവം ഇല്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല എത്ര വലിയ ദുഃഖം വന്ന മനുഷ്യനും കുറച്ചു ദിവസം കഴിഞ്ഞാൽ ദുഃഖം മറന്നിട്ട് പാട്ടുപാടുന്നു സിനിമയ്ക്ക് പോകുന്നു അല്ലേ ഭർത്താവ് മരിച്ചു ചില സ്ത്രീകൾ തലക്കടിച്ച് കരയും ഇനി ഞങ്ങൾ ജീവിക്കേയില്ല എന്ന് പറയും അവരും കുറച്ചു കഴിഞ്ഞാൽ കണ്ണാടി നോക്കും തല ജീവും എന്തു പറ്റി ആ ദുഃഖം ദുഃഖം നിർത്താൻ പറ്റുന്നില്ല എല്ലാം പോയി പോകും ഉള്ളെന്ന് ശാശ്വതമായിട്ട് ഒന്നും നിൽക്കില്ല കാരണം എന്താ ഒരു വികാരത്തിനെയും ശാശ്വതമായി പിടിച്ച് നിർത്താൻ പറ്റില്ല അതൊക്കെ അസത്തായത് കൊണ്ട് തന്നെ യാതൊരു വികാരവും നിർത്താൻ പറ്റില്ല ഭക്തിയായാലും നിർത്താൻ പറ്റില്ല വന്നിട്ട് പോകും അതാണ് മനസ്സിന് വികാരത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള അവസ്ഥകൾ ഒന്നും തന്നെ ശാശ്വതമായിട്ട് നിൽക്കില്ല എന്ന് പറയും ശാശ്വതമായിട്ടുള്ളത് എന്താ ഈ വികാരത്തിന്റെ പുറകിലുള്ള വസ്തുവിനെ കണ്ടാൽ അത് ശാശ്വതം അത് ഒരു വികാരവും പെടുന്നില്ല നിർവികാരമായ വസ്തു അസ്ഥിത് സ്വയം നിത്യം അവസ്ഥാത്രയലംബനഹ അഹം പ്രത്യയ സാക്ഷീസണ് ഉപയോഗിച്ചുടാമൻ അഹം പ്രത്യയത്തിനും സാക്ഷിയായിട്ട് ഒരുത്തനുണ്ട് എന്നാണ് കശിദ് അസ്ഥി അവസ്ഥാശ്രയങ്ങളിലും ഉണ്ട് അവൻ ജാഗ്രതാവസ്ഥയിലുണ്ട് സ്വപ്നത്തിലുണ്ട് സുഷുപ്തിയിലുണ്ട് കോപം വരുമ്പോഴും അവനുണ്ട് കാമം വരുമ്പോഴും അവനുണ്ട് കോപം എന്നുള്ളത് അവനാകുന്ന സ്ക്രീനിൽ വന്ന ഒരു സീനാണ് കാമം എന്നുള്ളത് അവനാകുന്ന സ്ക്രീനിൽ വന്നൊരു സീനാണ് ഭക്തി എന്നുള്ളത് അവനാകുന്ന സ്ക്രീനിൽ വന്ന ഒരു സീനാണ് ഇതൊക്കെ വന്നു പോയി ഇതൊന്നും ആ സ്ക്രീനിനെ സ്പർശിക്കുന്നില്ല അതുപോലെ ഞാൻ ഉണ്ട് എന്നുള്ള ആ തിരശീലയെ അധിഷ്ഠാനത്തിന് യാതൊരു ചലനവും സ്പർശിക്കുന്നില്ല അധിഷ്ഠാനം ശുദ്ധമായ പ്രജ്ഞ അസ്പൃഷ്ടമായി നിർവികൽപ്പമായി നിർമ്മലമായി ആകാശം പോലെ സ്വച്ഛമായിട്ടത് നിൽക്കും അപ്പൊ അതിനെ കണ്ടെത്താൻ എന്താ ഓരോ വികാരം വരുമ്പോഴും അറിഞ്ഞോള ഈ വികാരത്തിന് പുറകിൽ ഉള്ളവനാണ് ഞാൻ മേഘം സൂര്യനെ മറയ്ക്കുന്ന പോലെ ഈ വികാരം എന്റെ മുമ്പിൽ വരുന്നു കുറച്ചു നേരം നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ പോകും പക്ഷെ ഞാനോ സ്പർശഹീനമായി നിൽക്കുന്ന വസ്തുവാണ് യാതൊന്നും എന്നെ സ്പർശിക്കില്ല സ്പർശിക്കാൻ കഴിയില്ല അങ്ങനെ അറിഞ്ഞാലോ അയാൾക്ക് അനന്ത സുഖം അനന്തമായ സുഖം ആത്മാവിനെ ഒരു കർമ്മവും ഒരു ചിത്രവൃത്തികൾ സ്പർശിക്കില്ല രാഗദ്വേഷങ്ങളൊക്കെ തന്നെ വരുന്നു പോകുന്നു ഇതൊന്നും സ്പർശിക്കില്ല അപ്പൊ സ്ഫൂർത്തിം സദാഭാവയ്യൻ ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നു സൂര്യന്റെ ഇടയിൽ വരുന്ന വെളിച്ചത്തിനെ കണ്ടുകൊണ്ട് ഈ മേഘത്തിന് പുറകിൽ സൂര്യൻ ഉണ്ട് എന്നറിയുന്ന പോലെ ഓരോ വികാരത്തിന്റെ നടുവിലും ഇടയ്ക്ക് വരുന്ന നിശ്ചലാവസ്ഥ അല്ലെ ശാന്തി നമ്മള് അപാരമായ ഒരു ദുഃഖം കൊണ്ട് അധികം പേർക്കും ഉണ്ടാവുന്ന ഒരു അനുഭവമാണ് ആരെങ്കിലുമൊക്കെ മരിച്ചു കുറച്ചു ദിവസം നമ്മൾ കരയും കുറച്ചു ദിവസം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞ് ഒരു ദിവസം അഗാധമായ ഒരു ശാന്തി ഈ കരഞ്ഞവർക്ക് തന്നെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഈ കുറച്ചു ദിവസം ഭർത്താവ് മരിച്ചു അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു കുട്ടികൾ മരിച്ചു എന്തെങ്കിലും പറഞ്ഞ് കരയും അഗാധമായ ദുഃഖം സാധാരണ ദുഃഖമല്ല ആ ദുഃഖത്തിന് പോലും കുറച്ചു ദിവസം ആ ദുഃഖമാവുന്ന ആ ഒരു പിരീഡ് മുഴുവൻ കരഞ്ഞു കഴിഞ്ഞാല് ആ കരച്ചിൽ അവസാനിക്കുന്നത് ഇനിയും കരയുമായിരിക്കും പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെയും ആലോചിച്ചിട്ട് കരയുമായിരിക്കാം പക്ഷെ ഒരു കരച്ചിൽ അങ്ങോട്ട് കഴിയുമ്പോൾ മഴ പെയ് മഴ പെയ്തിട്ടങ്ങനെ അവസാനിക്കുമ്പോൾ മേഘഹീനമായ നിർമ്മലാകാശം പോലെ ഒരു പച്ച മേഘങ്ങൾ കഴിഞ്ഞ് ഇനിയൊരു പച്ചമേഗം വരും പക്ഷെ ഒരു പച്ച മേഘങ്ങൾ പെയ്തു ഓയുമ്പോൾ ആകാശത്തിലൊരു നൈർമല്യം വരുന്ന പോലെ നമ്മളുടെ ഉള്ളില് ശാന്തി ഉണ്ടാകും ഇത് എന്റെ അനുഭവമോ മറ്റൊരാളുടെ അനുഭവമല്ല എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായേ പറ്റൂ ഇത് ഉണ്ടായിട്ടുണ്ടാവും ആർക്കും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല ഈ അനുഭവം ആ ശാന്തി നിങ്ങൾ എന്തെങ്കിലും സാധന ചെയ്തിട്ട് വന്നതല്ല ഭജനം ചെയ്തിട്ട് വന്നതല്ല ഇത് ദുഃഖത്തിൽ മാത്രമല്ല കുറച്ചു ദിവസം നിങ്ങൾ ഭജനയ്ക്ക് പോയി കുറേ ദിവസം ഭജനയിൽ ആടുകയും പാടുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ കൂട്ടത്തിന്റെ ഉള്ളിൽ എങ്ങനെ ഇരുന്ന് ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ആ തിരക്കൊക്കെ കണ്ടു മടുത്ത് അവിടെ ഒരു ആനന്ദം ഉണ്ടായിരുന്നുവെങ്കിലും ആ ആനന്ദവും കഴിഞ്ഞിട്ട് ചിലപ്പോ ചിലർ ഇന്ന് ഞാനില്ല സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ എന്ന് പറയും സ്വസ്ഥമായിട്ടിരിക്കുമ്പോ അനിർവചനീയമായൊരു നിർവൃത്തി ഉള്ളു പോയി ആരെയും കാണണ്ട സ്വസ്ഥമായിരിക്കുമ്പോ അത് എവിടുന്ന് വന്നു ഈ ഭജനാനന്ദം ഒരാനന്ദ ആനന്ദം കുറച്ചുനേരത്തേക്ക് ഉണ്ടായി പോയി കഴിഞ്ഞപ്പോഴും ഈ ഒരു നിർവൃത്തി ഉള്ളില് നമുക്ക് വന്നു അനേക വികാരങ്ങൾ ഇതുപോലെ ഇത് ഏത് വികാരത്തിന്റെ നിയമം ഇതാണ് അത് കുറച്ചുനേരം നിൽക്കും അത് പോയി കഴിയുമ്പോ ഉള്ളുന്നൊരു ശാന്തി ആ ശാന്തി പുറത്തുനിന്ന് വന്നതല്ല അതിന്റെ മുകളിലാണ് ഇതൊക്കെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മുകളിലാണ് ഇതൊക്കെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വഴിവിടുമ്പോ ആ ഉള്ളിലുള്ളത് കാണാം ഒരു വികാരത്തിന്റെ പിരിയഡ് കഴിയുമ്പോൾ നിർവികാരമായ അധിഷ്ഠാനം കാണപ്പെടുമ്പോ ആ ശാന്തി പിന്നെയും നമ്മൾ എന്തു ചെയ്യും അതിനെ ഭഞ്ജിക്കും കർമ്മവാസന കൊണ്ട് ഭഞ്ജിക്കും നമുക്കതിൽ ഇരിക്കാനുള്ള പക്വതയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും കർമ്മവാസന കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അതാണ് ഭഗവാൻ പറയുന്നത് അഭിചിന്തയേറ്റ് ഏതെങ്കിലും പറഞ്ഞു ആ കിട്ടിയ സ്ഥിതിയെ അവിടെ അങ്ങനെ ഇരിക്കാൽ തേടാതെ കിട്ടിയതാ സാധന ചെയ്യാതെ കിട്ടിയതാ നമുക്കൊക്കെ സിദ്ധമായിട്ടുള്ളതാണ് തേടാതെ ഉറ്റനൽ തിരുവരുൾ നിധി അകത്തിയം തീർത്തരുൾ അരുണാചല അക്ഷരമണമാലയിലെ രമണർ ചോൾ േടാതെക്ക് കിച്ച ഒരു നീതി എല്ലാർക്കുള്ള വിഷ്ണു സഹസ്ത്ര നാമത്തിലഗവാനക്ക് ഒരു പേര് മഹാനിതി മഹാഭൂതോ മഹാനിതി കിടച്ചിരിക്ക സ്വഭാവം എന്ന ശാന്തിയെ അതോട് സ്വഭാവം ആനന്ദമേ സ്വഭാവം തൃപ്തിയേ സ്വഭാവം പൂർണത്വമേ സ്വഭാവം അത് പ്രവർത്തി നാല കിടച്ചതല്ല പ്രവർത്തി നാളെ കിടച്ചതെല്ലാം പ്രവർത്തിയെ വിട്ടാ പോയിടും കൂലിക്ക് വേല മാതിരി കൂലിക്ക് തകുന്തപടി വേലി അകൃത കൃതേന കൃതം കൊണ്ട് അകൃതമായ വസ്തുവിനെ നേടാൻ പറ്റില്ല കൃതമായിട്ടുള്ളതൊക്കെ ലിമിറ്റഡ് ആണോ പരിച്ഛിന്നമാണോ അതുകൊണ്ടാണ് ഭക്തിയുടെ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ എന്തു പറഞ്ഞു ഭഗവാനെ കൃപ കൊണ്ടേ നേടാൻ പറ്റുള്ളൂ എന്ന് കൃപ കൊണ്ടേന്ന് വെച്ചാൽ എന്താ വെറുതെ കിട്ടുന്ന പോലുള്ളൂ അർത്ഥം വേറെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ കിട്ടില്ല വെറുതെ കിട്ടണതും പൂർണ്ണമായിരിക്കും സഹജമായി കിട്ടിയതും പൂർണ്ണമായിരിക്കും പ്രവർത്തിച്ച് കിട്ടണതൊക്കെ പോയിപ്പോകും നമ്മളുടെ പ്രവൃത്തിയൊക്കെ എന്തിനാ ശ്രദ്ധയെ ഈ സ്വരൂപത്തിൽ നിർത്താനാണ് ഞാൻ ഉണ്ട് എന്നുള്ള ആ അനുഭവം കേവലാനുഭവം ആ അനുഭവം അത് അനുഭവം ബാക്കി ഒന്നും അനുഭവമല്ല നമുക്ക് അനുഭവം എന്ന് പറയുന്നത് നമ്മളിൽ മാത്രം നിൽക്കുന്നതാണ് ബ്രഹ്മത്തിന്റെ മാത്രം സ്വഭാവമാണ് അനുഭവം ജടത്തിന് അനുഭവമല്ലേ നിങ്ങളെയൊക്കെ ഞാനിപ്പോ കാണുന്നു ഇത് അനുഭവമല്ല ഇത് ദൃശ്യം ദൃശ്യം അനുഭവമല്ല കാരണം എന്താ അനുഭവം എന്നുള്ളതിന് ഡെഫനിഷൻ എന്താണ് വാട്ട് ഈസ് എക്സ്പീരിയൻസ് അനുഭവം എന്താ അനുഭവം വേദാന്തികൾ അർത്ഥമാക്കുന്നത് ൊന്നിന്റെയും സഹായം കൂടാതെ ഏതൊന്ന് നിൽക്കുമോ ആ ഒരു സത്യത്വപ്രതീതിക്ക് മാത്രമേ അനുഭവം എന്ന് പറയാൻ പറ്റുള്ളൂ യാതൊന്നിന്റെയും അതായത് ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ ഒന്നും തന്നെ സഹായം കൂടാതെ നമുക്ക് ഏർപ്പെടുന്ന വലതുമുണ്ടോ ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ നിങ്ങളെ ഒന്നും എനിക്ക് അറിയാനേ പറ്റില്ല കാണണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കണം ശബ്ദം അല്ലെങ്കിൽ മണക്കണം അല്ലെങ്കിൽ തൊട്ടുനോക്കണം എന്റെ സ്വന്തം ശരീരം ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് ശരീരമടക്കം അനുഭവമല്ല ശരീര അനുഭവം നമുക്കില്ല കാലേ ഇല്ലാത്ത ഒരാള് ഫോണ് വന്നപ്പോ എഴുന്നേറ്റ് ഓടി ചോട്ടൽ വീണു കാല ആംപ്യൂട്ടേറ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു മാസമോ മറ്റോ ആയുള്ളൂ ഇയാൾക്ക് ഓർമ്മയില്ല കാലില്ല എന്നുള്ള കാര്യം കാരണം എന്താ കാല് ഇല്ല എന്നുള്ള അനുഭവം ഇല്ല കാല്ണ്ട് എന്നുള്ള അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ കാല് എടുത്തപ്പോ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ കാല് അനുഭവം ഇല്ല തൊട്ടു നോക്കുമ്പോ സെൻസേഷൻ ഉപയോഗിക്കുമ്പോ അറിയും ഒരു കാറുണ്ടെങ്കിൽ കാർ ഇല്ലാതായാൽ ഇല്ല എന്നുള്ളത് ഉപയോഗിക്കാൻ പോകുമ്പോ അറിയാം അല്ലാതെ വീട്ടിൽ അടുക്കണേലിരിക്കുമ്പോ കാർ ഇല്ലയെന്നുള്ള അനുഭവം ഉണ്ടാവില്ല അതേപോലെ ശരീരം ഇല്ല എന്നുള്ളത് ശരീരത്തിനെ കാലോ കയ്യോ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോ ഇല്ല എന്ന് അറിഞ്ഞു സ്വതന്ത്രമായി അത് ഉണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ല അപ്പൊ ശരീരവും അനുഭവമല്ല ഒരറ്റ അനുഭവം മാത്രമേ എനിക്ക് സ്വതന്ത്രമായിട്ടുള്ളൂ ഞാനുണ്ട് എന്നുള്ള അനുഭവം അപ്പൊ ആർക്കാ അനുഭവം ഇല്ലാത്തത് ഞാനുണ്ട് എന്നുള്ള അനുഭവം ആർക്കാ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് ഞാനും ഉണ്ട് അഹമസ്മി അഹമസ്മി അതിൽ മാത്രം നമുക്ക് സംശയമേ വരില്ല ഇതുവരെ ആർക്കും സംശയം വരാത്ത ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ സംശയമുണ്ടാവും വിഷ്ണുവാണോ ശിവനാണോ സംശയമുണ്ടാവും വൈകുണ്ഠമാണോ കൈലാസമാണോ സംശയമുണ്ടാവാം പക്ഷേ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്ക് ഇതുവരെ സംശയം വന്നിട്ടില്ല അത് എല്ലാവരുടെയും അനുഭവമാണ് അസ്തിത്വം അത് ഉണ്ട് എന്ന് അറിയുന്നു അത് അനുഭവപ്പെടുന്നു ഇനി ഒരു കല കൂടെ അതിൽ പ്രകാശിക്കും അതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അത് ആനന്ദമായിട്ട് ജ്വലിക്കും നമുക്കിപ്പം എല്ലാ ആനന്ദവും ആ ഉറവിടത്തു നിന്നാണ് നമുക്ക് അറിയണില്ല അത്രയോ അപ്പൊ ഈ ഞാൻ ഞാൻ ഉണ്ട് എന്നുള്ളത് മാത്രം അനുഭവം പക്ഷെ ആ അനുഭവത്തിനെ നമുക്ക് തെളിച്ച് അനുഭവിക്കണമെങ്കിൽ സ്ഫൂർത്തി സദാഭാവയൻ ആചാര്യസ്വാമി പറഞ്ഞു സ്ഫൂർത്തിയെ ഭാവന ചെയ്യൂ ഞാൻ എന്നുള്ള വികാരത്തിനെ പിടിക്കാം ഇപ്പൊ നമുക്ക് ഞാൻ എന്നുള്ള ബോധം പിടിയില്ലാത്തതുകൊണ്ട് വികാരത്തിനെ പിടിച്ചുകൊണ്ട് ആ വികാരമാണ് സ്ഫൂർത്തി ആ വികാരം എപ്പോ മനസ്സിലാവും ആരെങ്കിലുമൊക്കെ പുഴ്ത്തുമ്പോ തോന്നൂല്ലേ അങ്ങനെ ഉള്ളില് ഒരു ചലന ഒരു വൈബ്രേഷൻ അതാണ് സ്ഫൂർത്തി ആരെങ്കിലും ഒക്കെ നിന്ദിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് മനസ്സിന് നമ്മൾ എന്തു പറയും മനസ്സിന് എത്ര രൂപമുണ്ട് കണക്കില് എത്ര നമ്പറുണ്ട് കണക്കില് എത്ര നമ്പറുണ്ട് ഓരോരുത്തർ ഓരോന്ന് പറയും ചിലര് ഒമ്പത് എന്ന് പറഞ്ഞു ചിലർ അനന്തം എന്ന് പറഞ്ഞു രണ്ട് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ ഒന്ന് ഒന്നേ ഉള്ളൂ പൂജ്യം സ്വതന്ത്രമായിട്ട് നിൽക്കില്ല ഈ ഒന്ന് തന്നെയാണ് രണ്ടിന്റെ വേഷം കെട്ടണത് ഒന്നിനെ കൂട്ടിയിട്ട് രണ്ടായിട്ട് നിൽക്കണു ഒന്ന് തന്നെയാണ് മൂന്നിന്റെ വേഷം കെട്ടണത് ഒന്ന് തന്നെയാണ് നാലിന്റെ വേഷം കെട്ടണത് ഒന്ന് തന്നെയാണ് അനന്തമായ നമ്പറുകളുടെ വേഷം കെട്ടി നിൽക്കുന്നത് അല്ലെ ഇതേപോലെ മനസ്സിൽ എത്ര വിചാരമുണ്ടെന്ന് ഒരേ ഒരു വിചാരമേ ഉള്ളൂ ഭഗവാൻ രമണ മഹർഷി പറഞ്ഞത് ഒരൊറ്റ വിചാരമേ ഉള്ളൂ നിങ്ങൾ മനസ്സിനെ അനേക വിചാരങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചാൽ മനസ്സിനെ അടക്കാനേ സാധ്യമല്ല മനസ്സിന് അനേക അവസ്ഥകളുണ്ട് എന്ന് അംഗീകരിച്ചാൽ മൂന്നവസ്ഥകളുണ്ട് എന്ന് അംഗീകരിച്ചാൽ അടക്കാൻ പറ്റില്ലേ മനസ്സിന് ഒരൊറ്റ അവസ്ഥയും വികാരവും ഉള്ളൂ ഞാൻ വികാരം ഈ ഞാൻ എന്നുള്ള വികാരം തന്നെയാണ് കോപമായിട്ട് വരുന്നത് കാമമായിട്ട് വരുന്നത് അറ്റാച്ച്മെന്റായിട്ട് വരുന്നത് ആസക്തിയായിട്ട് വരുന്നത് അസൂയായിട്ട് വരുന്നത് എല്ലാം ഒരു മുണ്ടില് നൂല് പോലെ മനസ്സിൽ ഊടും പാവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു തോട്ട് ഒരേ ഒരു വികാരമാണ് ഞാൻ വികാരം അത് നമുക്ക് അനുഭവത്തിൽ എപ്പോൾ വരും എന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ നല്ലവണ്ണം ചീത്ത പറഞ്ഞാൽ ഉള്ളിൽ തിരിഞ്ഞു നോക്കുക ഒരൊറ്റ വികാരമേ ഉണ്ടാവുള്ളൂ ഞാൻ ഞാൻ ഞാൻ എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു അത് ഒരു ലിമിറ്റ് കടന്നു പോകുമ്പോൾ ആ ഞാനങ്ങൾ പുറത്തേക്ക് തുള്ളും ഏതെങ്കിലും വികാരമായിട്ട് പവർഫുൾ വികാരം വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഇമോഷൻ വരുമ്പോ ആ വികാരത്തിൽ തോട്ട്സ് ഉണ്ടാവില്ല ദാറ്റ് ഈസ് ഇമോഷൻ നോട്ട് തോട്ട്സ് ദോഷൻ ബിക്കംസ് വൺ ആ വികാരം മുഴുവൻ ഒരു രൂപം കൊണ്ടു നിൽക്കും പ്രഥമ വിഹാരത്തിന്റെ രൂപം ഞാൻ എന്നുള്ള പ്രബല വികാരത്തിന്റെ രൂപം അതിനെയാണ് സ്ഫൂർത്തി എന്ന് പറയണത് അപ്പൊ നമുക്ക് കാണാം ഈ മനസ്സിന് ഒരറ്റ രൂപമേ ഉള്ളൂ ഈ ഒരു രൂപം സദാ മന്ത്രിക്കുന്നു അല്ലേ ഗണപതിയുടെ കയ്യിൽ ജപമാലയുണ്ട് സരസ്വതിയുടെ കയ്യിൽ ജപമാലയുണ്ട് ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ ജപമാലയുണ്ട് എന്ത് ജപമാണ് ഈശ്വരൻ ചെയ്യണത് ഈശ്വരന് ഉള്ളില് സദാ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നൊരു ഒരു ഹമ്മിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആ ഹമ്മിങ്ങിനെ പിടിച്ചുകൊണ്ടുവേണം ഉള്ളിൽ പോയി ബോധസത്യത്തിനെ കണ്ടെത്താൻ അതാണ് ഭഗവാന്റെ മുദ്ര ബാല്യാദിഷപ്പി ജാഗ്രതാദിഷു തർവാസു അവസ്ഥാസ്വപ്പി വ്യാവൃത്തസു അനുവർത്തമാനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോ ഭജതാം യോ ഭദ്രയാ മുദ്രയാ ദക്ഷിണാമൂർത്തിയുടെ മുദ്രയാത്രേ ദക്ഷിണാമൂർത്തിയുടെ മുദ്ര ഇതല്ല മുദ്ര അഹം അഹം എന്നുള്ളതാണ് ചിന്മുദ്ര ഈ പുറമേക്ക് കൈ വയ്ക്കുന്നതൊക്കെ ആർക്കു വേണമെങ്കിൽ ഈ ഉള്ളിലുള്ള മുദ്രയെ പിടിക്കണം അതാണ് ചിതേവ ചിന്മുദ്ര ചിത് മുദ്ര അല്ലാതെ ഈ വിരൽ വെച്ചാൽ പോരാ വിവേകാനന്ദ സ്വാമികൾ ചട്ടമ്പിസ്വാമിയോട് ചോദിച്ചു അത്രേ ചിന്മുദ്ര എന്താണെന്ന് ചോദിച്ചു ചട്ടമ്പിസ്വാമി കാണിച്ചു കൊടുത്തു അതെങ്ങനെയാണ് അതിപ്പൊ എനിക്കും അറിയാം അതിന്റെ അനുഭവം എന്താ ചിത്താണ് മുദ്ര ി സ്വരൂപമാണ് ബോധമാണ് മുദ്ര ഈ ഞാൻ എന്നുള്ള സ്ഫൂർത്തിയാണ് മുദ്ര ആ സ്ഫൂർത്തിയെ ഗ്രഹിക്കുകയാണെങ്കിൽ നല്ലവണ്ണം ദേഷ്യം വരുമ്പോ മുറിയിൽ ചെന്ന് വാതിലടച്ചിട്ട് ഈ ദേഷ്യം ആർക്ക് വരണൂ എന്ന് ചോദിക്കുക എനിക്ക് വരണൂന്ന് ഇപ്പൊ ദേഷ്യം ധ്യാനിക്കാനൊന്നും പറ്റില്ല ആര് പറയണു ഞാൻ പറയണു ആ ഞാൻ എന്താ നോക്കിയാൽ കാണാം ഒരു അഗ്നി പോലെ ഉള്ളിൽ ഒരേ ഒരു രൂപം ഞാൻ അതെങ്ങനെ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ അതിനെ പിടിച്ചുകൊണ്ടേ നിന്നാ മതി അതാണ് ധ്യാനം ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ അത് ഗ്രഹിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് ആഴ്ന്ന് ആഴ്ന്ന് ആഴ്ന്ന ആഴ്ന്ന് പോയി എവിടെയോ ഒരു സ്ഥലത്ത് പോയി മുങ്ങും ഇതിന്റെ പേരാണ് ന്യാസം ഇതാണ് ന്യാസം ഇത് നല്ലവണ്ണം ചെയ്യുന്നവൻ സമ്യക്യാസി അവനാണ് സന്യാസി പുറമേക്കുള്ളതൊന്നും പോരാ സന്യാസം സമ്യക്യാസമാണ് സമ്യക്യാസം ഓരോ വികാരത്തിനെയും ആശ്രയിച്ച് അതിന് മൂലത്തിൽ അടക്കുന്നതാണ് സന്യാസം അഗ്നിമേ വാച്ച് ശ്രിതൃദേ ഹൃദയം മയീ അഹം അമൃതേ അമൃതം ബ്രഹ്മണി ഓരോ വികാരങ്ങളെയും അതിന്റെ ഇന്ദ്രിയത്തിൽ അടക്കി ഇന്ദ്രിയത്തിൽ നിന്നും മനസ്സിന്റെ തലത്തിൽ കൊണ്ടുവന്നു മനസ്സിൽ നിന്നും അഹം എന്നുള്ള സ്ഫൂർത്തിയിൽ കൊണ്ടുവന്ന് ഹൃദയത്തിൽ അടക്കിയാൽ ന്യാസം ഇതിന് മഹാന്യാസത്തെ ഇത് ന്യാസം മഹാന്യാസം ലഘുന്യാസം താ യഥാർത്ഥ ന്യാസം ലഘുന്യാസത്തിൽ ന്യാസം യാരു ശരിക്കും പണ്ടാനോ അവൻ സമയക്ക് ന്യാസിൻ സന്യാസി മന്ത്രണ്ട് വിഷയം ആ പണതില്ല അയാളെല്ലേ അങ്ങനെ ഒരു വിഷ്ണു സഹസനം ഹൃദയത്തിലെ വെക്കുന്നത് അപ്പൊ ഓരോ വസ്തുക്കളെയും സ്വരൂപത്തിലേക്ക് കൊണ്ടുപോവ എന്നിലേക്ക് കൊണ്ടുപോവാ എന്നെ കണ്ടെത്ത ഞാൻ ആരെന്ന് കണ്ടെത്ത എന്റെ സ്വരൂപം കണ്ടെത്ത അതാണ് തത്വപിചാരം തന്നെ താൻ അറിയുക തന്റെ യഥാർത്ഥ സ്വരൂപം അറിയ ഈ തത്വവിചാരം കൊണ്ട് ആത്മസാക്ഷാത്കാരം കുതിക്കും കുതിക്കും എന്ന് വെച്ചാൽ എന്താ ഉള്ളത് പ്രകാശിക്കും ഉള്ളത് ഉജ്വലമായി അനുഭവത്തിലേക്ക് തെളിഞ്ഞു കിട്ടും ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല ഉള്ളത് എന്തോ അതറിയ അറിയപ്പെടും ഉള്ളത് അറിഞ്ഞാൽ ഇല്ലാത്തത് തനിയെ ഇല്ലാതായിക്കോളും ഇല്ലാത്തത് എന്തുകൊണ്ട് ഇപ്പൊ ഉള്ള പോലെ തോന്നണെന്ന് വെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് അല്ലേ പ്രേതം രാത്രി പലർക്കും പേടിയുണ്ടാവും ലൈറ്റില്ലാത്ത സ്ഥലത്ത് കൂടെ പോവാൻ എന്താ പ്രേതം ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് സിനിമയിൽ ആരെങ്കിലും വെളിച്ചത്തിൽ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ പ്രേതം എന്ന് പറഞ്ഞാൽ മനസ്സിന് വളരെ ഇഷ്ടമാണ് മനസ്സ് എപ്പോഴും വസ്തുക്കളിൽ രുചിക്കുന്നതാണ് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇന്നലെ രാത്രി വലിയശാലയിൽ പന്ത്രണ്ട് മണിയാവുമ്പോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ളവരൊക്കെ എണീറ്റ് നിൽക്കും എന്താ മനസ്സിനെപ്പോഴും കള്ളം കേൾക്കാൻ രുചിയാ പക്ഷെ ഈ പ്രേതകഥ വെളിച്ചത്തിൽ ഉണ്ടാവില്ല അല്ലേ ഏതെങ്കിലും പ്രേതകഥ പകൽ സമയത്തിനെ വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുമോ ആലോചിച്ചു എല്ലാ പ്രേതകഥയും രാത്രി പന്ത്രണ്ട് മണിക്കൊന്ന് വന്ന് തുടങ്ങും അത് സകല പ്രേതങ്ങളും വെള്ള ഡ്രസ് ഇട്ടിട്ട് വരുള്ളൂ എന്താ മനസ്സിലായില്ലേ ഇരുട്ടത്തെ അറിയാൻ വേണ്ടിയായിരിക്കും അപ്പോ ഇരുട്ടിലാണ് ഈ കഥകൾ മുഴുവൻ അജ്ഞാനം അജ്ഞാനത്തിന് ഇരുട്ടിൽ മാത്രം ഉണ്ടാവുന്ന ജീവിയാണ് ഇല്ലാത്ത വസ്തുക്കളൊക്കെ അഹങ്കാരം ആത്മാവിനെ ഇപ്പൊ അഹങ്കാരമായി ജീവനായിട്ട് തോന്നുന്നു കുറ്റിയെ പ്രേതമായിട്ട് തോന്നണ പോലെ എന്നാണ് ഒരു മരക്കുറ്റി നിൽക്കണു ആളുകൾ കുറെ ആയിട്ട് പറഞ്ഞു ഞാനവിടെ ഒന്ന് കണ്ടു വേറെ ഒരുത്തം ചൊല്ലോ ഒന്ന് നടമാടരുത് വന്നു അത് നടമാടവേൽ ആശങ്കാമ് നിക്കരുത് ഒരുത്തം പാത്തിട്ട് മുതലെ പാത്തിട്ട് എന്നവോ നിൽക്കരുത് ഇനി ഒരുത്തം വായ പൊളന്ന് കാട്ടിട്ട് കഥ പെരുത്ത് പെരുത്ത് പെരുത്ത് പെരുവനും ലാസ്റ്റിൽ ഊർത്തം അത് കാണുകയും ചെയ്യും അപ്പോ അറിവുള്ളവനാണെങ്കിൽ എന്താ വെളിച്ചം എടുത്തുകൊണ്ടുപോയി വെളിച്ചം അടിച്ചു നോക്കിയാലോ അവിടെ ഒന്നുമില്ല വെറും മരക്കുറ്റി ആ മരക്കുറ്റിയിൽ എന്തോ ഉണ്ട് എന്ന് അംഗീകരിച്ചു അംഗീകരിച്ചപ്പോ അത് കണ്ടു വാസ്തവത്തിലുണ്ടോ ഇല്ല ഒരു സെമിറ്റേരിയിലെ ഒരു മാവ് അവിടെ മാങ്ങ ധാരാളം ഉണ്ട് ആരും പറിക്കുന്നില്ല രണ്ട് കച്ചവടക്കാരും നിശ്ചയിച്ചു അവിടെ പോയി മാങ്ങ പറയ്ക്കാനായിട്ട് രാത്രി ആരും കാണാത്തപ്പോ സെമിറ്റേരിയിൽ മതില് ചാടി മാങ്ങ പറച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ട് മാങ്ങ മതിലിന്റെ ഇപ്പുറത്ത് വീടും ബാക്കി അവര് അപ്പുറത്തിരുന്ന് സെമിറ്റേരിയിലിരുന്ന് മാങ്ങ എണ്ണ അത്രേ ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് ഇരട്ടത്ത് മതിലിന്റെ ഇപ്പുറത്തുകൂടെ വരുന്ന ഒരാള് ഒരു ക്രിസ്ത്യാനി പതുക്കെ ഇത് പള്ളിയിൽ പ്രസംഗം ചെയ്യണത് കേട്ടിട്ട് ചൈതാനും ദൈവം ദമ്പുരാനും ആത്മാക്കളെ പങ്കുവെക്കും രാത്രി സെമിത്തേരിയുടെ അടുത്ത് വന്നപ്പോ അതിലിന്റെ അപ്പുറത്ത് അർദ്ധരാത്രി അല്ലെങ്കിൽ ആര് എണ്ണാനാ സെമിത്തേരിയുടെ ഉള്ളില് ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് ഇത് ഇങ്ങനെ കേൾക്കണം ഇയാള് കത്താവേനെ വിളിച്ചോണ്ട് ഓടി പോകുന്ന വഴിയില് പാതിരി വരുന്നു പാതിരിയോട് പറഞ്ഞു അച്ഛോ അങ്ങോട്ട് പോണ്ട അച്ഛൻ പറയണതൊക്കെ സത്യം ഊ എന്താ േയുടെ ഉള്ളിലെ ദൈവം തമ്പുരാനും ചൈത്താനും കൂടെ ആത്മാക്കളെ പങ്കുവെക്കുകയാണ് ഒന്നും ഞാൻ ശരിക്കും കേട്ടതാ അച്ഛൻ പറഞ്ഞു കൊടു അങ്ങനെയൊന്നും ഇല്ലടോ അല്ല അച്ഛനല്ലേ പ്രസംഗം പ്രസംഗിക്കൊക്കെ ചെയ്യും അതൊന്നും ഇല്ല അച്ഛൻ വരും ഞാൻ കാണിച്ചു തരാമെന്ന് അച്ഛനെ നിർബന്ധമായി വലിച്ചുകൊണ്ട് പോയി മതിലെടുത്ത് എത്തിയപ്പോ അച്ഛനും ഡിഡിൽ നിന്ന് അടിക്കണം ദൈവം തമ്പുരാനുണ്ടായാലും ഇല്ലെങ്കിലും ചൈത്താനുണ്ടെങ്കിലോ അതിങ്ങനെ ഉള്ളിൽ നിന്ന് ഒന്ന് നനക്ക് ഒന്ന് എനിക്ക് എന്ന് കേൾക്കുന്നുണ്ട് അച്ഛനെ അടിമുടി വരാം അച്ഛൻ പേടിച്ചു ചോദിച്ചു പിന്നെ അടുത്ത് പേടിച്ചാ എങ്ങനെ ഏ എനിക്ക് പേടിയൊന്നുമില്ല ആരെങ്കിലും അകത്തുണ്ടാവും ഞാനൊന്നും നോക്കട്ടെ അപ്പോഴേക്ക് അച്ഛൻ മതിൽ കയറാൻ പുറപ്പെടുമ്പോഴേക്കും ഇവര് എണ്ണി കഴിഞ്ഞു ഉള്ളില് അച്ഛൻ പതുക്കെ മതിൽ കയറുമ്പോൾ പറഞ്ഞു രണ്ടെണ്ണം മതിലിന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അതിലൊന്ന് നനക്ക് ഒന്ന് എനിക്ക് അടുത്ത ദിവസം രാവിലെ അവിടെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് കഥ പ്രചാരത്തിൽ വന്നു അല്ലേ ഇരുട്ടിൽ അന്വേഷിക്കാത്ത വസ്തുസ്ഥിതി സത്യമെന്നീ രീതിയില് അടുത്ത ദിവസം മുതൽ പ്രചാരത്തിലാകും ഇങ്ങനെയാണ് ഈ കഥകളൊക്കെ ഉണ്ടാവുന്നത് അന്വേഷിച്ചില്ലെങ്കിൽ കള്ളം ഉണ്മയായിട്ട് പ്രചരിക്കും പിന്നീട് ആ കള്ളം വിശ്വാസത്തിന്റെ ബലം കൊണ്ട് കാണുകയും ചെയ്യും കാണുകയും ചെയ്യും അന്വേഷണം ഇരുട്ടിലെ ഇല്ലാത്തതിനെ നമ്മൾ സ്വീകരിക്കുന്നു ഇരുട്ടിവിടെ എന്താ അജ്ഞാനം അതാണ് തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്നും എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും അജ്ഞാനത്തിന്റെ ഇരുട്ട് അതിൽ നിന്നും എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും വെളിച്ചം എന്താ യഥാർത്ഥ വസ്തുസ്ഥിതി എന്താണെന്നറിയത് യഥാർത്ഥ വസ്തുസ്ഥിതി എന്താ ഞാൻ പറയുന്നതൊന്നും വസ്തുസ്ഥിതിയല്ല നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതൊന്നും വസ്തുസ്ഥിതിയല്ല പറയുന്നവൻ വസ്തുസ്ഥിതിയാണ് അവിടെ ഇരുന്ന് കേൾക്കുന്ന ഓരോ ബോധക്കണികയും വസ്തുസ്ഥിതിയാണ് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ പോയി പോകും പക്ഷേ പറയുന്നവൻ ശാശ്വതമായി നിൽക്കുന്നു കേൾക്കുന്നവര് ശാശ്വതമായിട്ട് നിൽക്കുന്നു ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ ശ്രവണത്തിനും ആധാരശ്രുതിയായിട്ട് നിൽക്കുന്ന അനുഭവം ഞാനുണ്ട് എന്നുള്ള അനുഭവം ആ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ജ്വലിക്കും അഗ്നി ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ആ അഗ്നി ജ്വലിക്കും കേന്ദ്രസ്ഥാനത്തിൽ ജ്വലിക്കും അതിനെ ശ്രദ്ധിക്കാതെ ശരീരത്തിനെ താനെന്ന് കരുതി കാലം കഴിച്ചു കൂട്ടിയാല് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതൊക്കെ നമ്മള് പറ്റിച്ചുകൊണ്ടേയിരിക്കും കുട്ടിക്ക് പേരിടല് അത് കഴിഞ്ഞാല് ചോറ് കൊടുക്കല് അത് കഴിഞ്ഞാല് സ്കൂളിൽ ചേർത്തല് അത് കഴിഞ്ഞാൽ കല്യാണം കഴി നടക്കട്ടെ ശരീരത്തിന് പക്ഷെ ഇതൊക്കെ എനിക്കാണ് നടക്കുന്നത് എന്നുള്ള ഭാവം അജ്ഞാനത്തിനെ ബലപ്പെടുത്തിക്കൊണ്ടേ പോകും പല ആചാരങ്ങളും അറിയോ ഉപനിഷത്ത് ചില ആചാരങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞത് കേട്ടാ നമുക്ക് ആശ്ചര്യം ഇന്ദ്രനും വിരോചനും കൂടെ പ്രജാപതിയുടെ അടുത്ത് ബ്രഹ്മവിദ്യ പഠിക്കാനായിട്ട് ചെന്നു ഞങ്ങൾക്ക് ബ്രഹ്മോപദേശം ചെയ്യൂന്ന് പറഞ്ഞു പ്രജാപതി പറഞ്ഞു നല്ലവണ്ണം അലങ്കരിക്കുക പഴയ കാലത്ത് ആചാര്യന്മാരൊന്നും ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരില്ല അവരെന്ത് വേണമെന്ന് വെച്ച് നമ്മളെ തെറ്റുധരിപ്പിക്കും തെറ്റുധരിപ്പിക്കും അവര് ധരിപ്പിക്കാൻ ശ്രമിക്കില്ല ഇന്നലെപ്പോലും ആരോ പറഞ്ഞു ഇവിടെ നമ്മുടെ പ്രഭാഷണം പതിവായിട്ട് കേൾക്കുന്നവർ പറഞ്ഞു വളരെ ശ്രദ്ധയോടെ കേട്ട് രസിക്കുന്നവർക്ക് ഒരു വിഷമം സാധാരണ ഔഷധം മാത്രമുള്ളതിൽ ഔഷധത്തില് മാധുര്യം കലർത്തി കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ മാധുര്യ ഔഷധത്തിനെക്കാളും കുറച്ച് കൂടി പോണൂന്നാണ് അവരുദ്ദേശിച്ചത് ഭക്തിയും മറ്റ് കഥകളും വൈരാഗ്യത്തിനും പ്രാമുഖ്യം കൊടുക്കുന്നത് കൊണ്ട് ജ്ഞാനവിചാരം കുറഞ്ഞുപോയി എന്നൊരു കംപ്ലയിന്റ് പക്ഷെ ജ്ഞാനവിചാരം നമ്മൾ ഇത്ര കണ്ട് പറയണമല്ലോ ഇത്ര പോലും പറയില്ല സാധാരണ പഴയ കാലത്ത് ഒട്ടും പറയില്ല ഋഷികളെ ഉപനിഷത്ത് കാലത്ത് വേണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും എന്തിനാ അപ്പോഴേ ജീവനൊന്ന് ഇളകുള്ളൂ അല്ലെങ്കിൽ എല്ലാം അങ്ങനെ മധുരമാക്കി ഇട്ട് വായിലിട്ട് തരണം അവർക്ക് വേണം എന്ന് വെച്ചിട്ട് അതൊഴിച്ച് ബാക്കിയൊക്കെ പറയും ചില സിദ്ധന്മാരും അങ്ങനെയാണ് അവരെന്തെങ്കിലുമൊക്കെ പറയും അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എങ്ങനെ പറയണത് ഗ്രഹിച്ചോളാം വേണം എന്നുള്ളതിൽ എടുത്തോളാം പ്രജാപതി ചെയ്തു ഇന്ദ്രനും വിരോചനും കൂടെ ബ്രഹ്മവിദ്യ പഠിക്കാൻ പോയപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു ഇന്ദ്രൻ വിരോചനവും ഞങ്ങൾക്ക് ഞങ്ങളെ അറിയണം ഒരു കാര്യം ചെയ്യ നല്ല പെണ്ണ് അലങ്കരിക്കൂ ഭംഗിയായിട്ട് വേഷമണിയൂ എന്നിട്ട് കുളത്തിൽ തടാകത്തിലോ നദിയിലോ പോയിട്ട് പ്രതിബിംബം കാണുക എന്തറിയപ്പെടുന്നുവോ അത് തന്നെ ആത്മാ രണ്ടുപേരും ഭംഗിയായിട്ട് വേഷം കെട്ടി നദിക്കരയിൽ ചെന്ന് നിന്നു പ്രതിബിംബം കണ്ടു ഇത് തന്നെ ആത്മാ ഒരാൾക്ക് പച്ചക്കളർ ആത്മാ ഒരാൾക്ക് ചുവപ്പ് കളർ ആത്മാ ഡ്രസ്സിനനുസരിച്ച് ഒരാൾക്ക് ആഭരണങ്ങൾ അണിഞ്ഞ് ആത്മാവ് ആഭരണമില്ലാത്ത ആത്മാവ് മാറുന്ന ആത്മാവ് മണക്കുന്ന ആത്മാവ് രണ്ടുപേരും പോയി ഇന്ദ്രന് കുറച്ചു കഴിഞ്ഞപ്പോ സംശയം തോന്നി ഇതെങ്ങനെ ആത്മാവാകും ഇതാണ് ആത്മാവെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് തൃപ്തി വരണമല്ലോ എനിക്ക് തൃപ്തി വരുന്നില്ല ഇത് മരിച്ചുപോകും നാളെ വ്യാധി വരും വിഷമങ്ങൾ വരും ഇത് വിട്ടുപോകും ഇതിനെ വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ശാശ്വതമായ സ്ഥിതി വിരോധനൻ അതുകൊണ്ട് തൃപ്തിയായ ശരി ശരീരത്തിനെ കൊണ്ടുപോയി പ്രചാരം ചെയ്തു അങ്ങനെയാണ് അസുരവംശം ഉണ്ടായത് കൊണ്ടുപോയി പ്രചാരം ചെയ്തു സുഖമായിട്ട് ഭക്ഷണം കൊടുക്ക ആഹാരം കൊടുക്കുക സൗഖ്യങ്ങൾ കൊടുക്കുക ഇതിന് പല വേഷം കിട്ടുക നമുക്ക് ആശ്ചര്യം തോന്നും വിരോചനന്റെ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടതാണ് അത്രേ വായിലേക്ക് അരിയിടലും മുതലായിട്ടുള്ളതൊക്കെ മരിച്ചിട്ട് ഉപനിഷത്ത് പറയണു ഇതൊക്കെ നമുക്ക് പ്രചാരത്തിനുണ്ട് സമ്പ്രദായമായി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ശ്രുതി പറയണു ശ്രുതി തന്നെ പറയണു വിരോചനൻ ഉണ്ടാക്കിയതാ അത്രയാണ് എന്താന്ന് വെച്ചാൽ മരിച്ചുപോയാലും ജീവൻ ഉണ്ടെന്നുള്ള ആ ശരീരത്തിനുള്ള പ്രാമുഖ്യം ചില വംശങ്ങളെ കൊണ്ട് മരിച്ചുപോയാതാണോ പ്രാമുഖ്യം ജീവിച്ചിരിക്കുമ്പോ ആരും ശ്രദ്ധിക്കില്ല മരിച്ചുപോയാൽ ആ ശവത്തിനെ ലോറിയിൽ സിംഹാസനത്തിൽ ഇരുത്തി അലങ്കരിച്ച് പട്ടുവസ്ത്രം കൊണ്ടിട്ട് കഴുത്തിൽ പൂമാലയിട്ട് വാദ്യഘോഷങ്ങളോട് കൊണ്ടുപോകും മരിച്ചു കഴിഞ്ഞിട്ട് മാംസപിണ്ടത്തിന് ബഹുമാനം സത്തയ്ക്ക് ബഹുമാനമില്ല സത്ത പോയി കഴിഞ്ഞു അപ്പൊ ശരീരം മരിച്ചു കഴിഞ്ഞ ശേഷം അതിനൊരു പ്രത്യേകത ഗതവതി വായു ദേഹാപായേ ഭാര്യാഭിഭ്യതി തസ്മിൻകായ് എന്നല പറഞ്ഞു അല്ലെ അതിൽ വായു പോയി കഴിഞ്ഞാലോ ആ മാംസപിഡത്തിനെ ഭാര്യ പോലും പേടിക്കണം അപ്പൊ ശരീരം ആത്മാവാണ് എന്നുള്ള ശരീരത്തിലുള്ള തെറ്റിദ്ധാരണ ശരീരത്തെ തന്റെ യഥാർത്ഥ വസ്തുസ്ഥിതി കണ്ടറിയാത്ത തെറ്റ് ധാരണ കൊണ്ട് വന്നുപോയ അനേക അനേക അനേക പ്രവൃത്തികൾ അതിൽ നിന്ന് തുടങ്ങി ബാല്യത്തിലും കൌമാരത്തിലും യൌവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ പ്രവൃത്തികൾ തുടർന്ന് തുടർന്നു പോകുന്നു പ്രവർത്തിക്കാതെ ഇരിക്കാൻ പറ്റില്ല പക്ഷെ ഈ പ്രവൃത്തി തഞ്ചെയ്ത് താൻ ചെയ്യുന്നു എന്നുള്ള ഭാവനയാണ് തടസ്സം പ്രഹ്ലാദന് പ്രഹ്ലാദൻ പ്രത്യേകിച്ച് ഒരു സാധനയും ചെയ്തില്ല ധ്രുവന്റെ തപസ്സിനെ കുറിച്ച് ഭാഗവതം പറയുമ്പോൾ വർണ്ണിക്കും നമ്മൾ അഞ്ചു മാസം കഠിന തപസ് ചെയ്തു പ്രഹ്ലാദനെ ഒരു തപസ്സും ചെയ്തില്ല ജ്ഞാനത്തിന് തപസ്സ് വേണ്ട നിങ്ങളീ സഗുണമായി ഭഗവാനെ കാണണമെങ്കിൽ തപസ് വേണം ജ്ഞാനത്തിന് ശ്രദ്ധയോടെ കേട്ട് ശ്രദ്ധിച്ചാൽ മതി അത് തന്നെ തപസ് നിത്യനിരന്തര തപസ് പ്രഹ്ലാദൻ പൂർണ്ണമായി നാരദ മഹർഷിയിൽ നിന്നും അറിയേണ്ടത് അറിഞ്ഞിട്ട് ജനിച്ചു കഴിഞ്ഞ മുതൽ ആനന്ദമാണ് എപ്പോഴും ആസീന സമ്പിഷന് തിഷ്ട ശയാന പ്രഭിബന് ബ്രുബന് ഇരിക്കുന്നു നടക്കുന്നു ഉണ്ണുന്നു വർത്തമാനം പറയുന്നു എല്ലാരെ പോലെയും ചെയ്യുന്നു ഇതൊക്കെ നടക്കുമ്പോഴും അനുസന്ധത്തെ ഏതാനീ ഇതൊക്കെ ഞാൻ ചെയ്യണു എന്നുള്ള അനുസന്ധാനം ഇല്ല എന്നാണ് ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ പ്രവർത്തിക്കുന്നു അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉണരണം ഉണ്ണണം ഉണരണം ഉറങ്ങേണം ഭുജിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഇനി ഉണ്ണണം ഉറങ്ങണം ഉണരണം ഭുജിക്കണം പുണരയണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം ഇതൊക്കെയാണ് വികൽപ്പമേ ഇതിലൊക്കെ ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ ഉണരുന്നു ഞാൻ ഭുജിക്കുന്നു എന്നുള്ള ഞാൻ ചേരുമ്പോ വികൽപ്പമായി ആ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കും ശരീരം പ്രവർത്തിക്കും ശരീരം വ്യവഹരിക്കും ശരീരം ജോലി ചെയ്യും ശരീരം യുദ്ധം ചെയ്യും ശരീരം അനേക വ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ജാഗ്രതയോടുകൂടെ ഹൃദയത്തിൽ ഈ ഞാൻ എന്നുള്ളത് ഉദിക്കാതെ സ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ നാൻ ഉദിയാതുള്ള നിലയിൽ നാം അതുവായുള്ള നില ഭക്തിയുടെ ഭാവത്തിൽ പറഞ്ഞാൽ ശരണാഗതി ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഈ ശരീരം എന്റെയല്ല ശരീരം ഭഗവാന്റെ ഈ മനസ്സ് എന്റെയല്ല ഭഗവാന്റെ ഈ ബുദ്ധി എന്റെ അല്ല ഭഗവാന്റെ ഇതിൽ ഭഗവാൻ യന്ത്രീ ഞാൻ യന്ത്രം അപ്പൊ ഞാൻ ഉദിക്കില്ല ഭഗവാൻ യന്തി ഞാൻ യന്ത്രം എന്നുള്ള ഭാവമാണെങ്കിലും ഉദിക്കില്ല അപ്പൊ ഒക്കെ നടക്കും ഗോവിന്ദ പരിരംഭിത എന്നാണ് ഭഗവത് അനുഭൂതി ഒരു ക്ഷണം പോലും വിട്ടുമാറാതെ നിൽക്കുന്നു പ്രവൃത്തികളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നു എല്ലാ പ്രവൃത്തികളും നടക്കുന്നു ഒന്നും എന്നെ സ്പർശിക്കണില്ല സ്പർശിക്കാതെ പ്രവൃത്തികളൊക്കെ സ്വരൂപത്തിനെ സ്പർശിക്കാതെ നടക്കുന്നു അപ്പോ എന്താ ബാല്യത്തിന്റെ പ്രവൃത്തികളും നടക്കും കൗമാരത്തിന്റെ പ്രവൃത്തികളും നടക്കും വാർദ്ധക്യത്തിന്റെ പ്രവൃത്തികളും നടക്കും പക്ഷെ ഒന്നും തന്നെ ആത്മാവനെ സ്പർശിക്കില്ല കൃഷ്ണന് ബാല്യക്രീഡൊന്നും ചെയ്തില്ലേ കൃഷ്ണനെ പോലെ ആരും കളിച്ചു ബാലസ്ഥാവ ക്രീഡാസക്ത എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞാൽ അതിൽ സക്തഹ എന്നുള്ള വാക്കിനാണ് പ്രധാ പ്രാധാന്യം ക്രീഡക്കല്ല നല്ലവണ്ണം കുട്ടികളായാൽ കളിക്കാൻ പാടില്ല എപ്പോഴും നിർവികൽപ്പ സമാധിയിൽ ഇരിക്കണം അങ്ങനെ നടക്കുവോ കൃഷ്ണൻ കളിച്ചില്ലേ വെണ്ണ കെട്ടില്ലേ കളിച്ച് വിഹരിച്ചു നടന്നില്ലേ പക്ഷെ എന്താ ഒന്നിനോടും പറ്റില്ല യാതൊന്നിനോടും ശക്തിയില്ല അനാസക്തി യോഗത്തിന്റെ തെളിവാണ് ഭഗവാന്റെ ജീവിതം അപ്പൊ കൃഷ്ണലീലകളൊക്കെ നടക്കുമ്പോഴും ക്രീഡ നശക്ത ജീവിതമേ ക്രീഡയാണ് ലോകവത്തു ലീലാ കൈവല്യം ജീവിതമേ ക്രീഡയാണ് ആ ക്രീഡയിലും ശക്തിയില്ല തരുണസ്ഥാപ തരുണീസക്ത ഒരു യുവാവിന് യുവതിയോട് ആസക്തി കൃഷ്ണനെ അപ്പൊ ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്യും എന്തൊക്കെ കാണിച്ചു പക്ഷെ എന്താ അവിടെ ഞാൻ സക്ത സക്തിയില്ല ഗോപസ്ത്രീകളുടെ കൂടെ കളിച്ച കണ്ണൻ തന്നെ പിന്നീട് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നതെങ്കിൽ വൃദ്ധസ്താവ് വയസ്സുകാലത്തിലോ ചിന്താസക്ത അല്ലെ വയസ്സുകാലത്തിലും ഭഗവാൻ തന്റെ ആളുകളുടെ കൂടെ ഒക്കെ നടുവിലൊക്കെ ഇരുന്നു വയസ്സുകാലത്ത് ഏറ്റവും വലിയ വിഷമം എന്താ വാർത്താവും പ്രശ്നതി കോപിനെ ഒരാളും എന്നെ ശ്രദ്ധിക്കണില്ല ഞാൻ പറയുന്നത് കേൾക്കണില്ല കുട്ടികളൊക്കെ പറഞ്ഞാൽ കെക്കാതെ നടത്തുന്നു ഇതേ കംപ്ലൈന്റ് ആവും ചിലപ്പോ വയസ്സാവുമ്പോ എന്തുകൊണ്ട് ആ ദുഃഖം ഉണ്ടായി ഇവരൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കണമെന്നും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണമെന്നും എന്നെ നോക്കണമെന്നും ഒക്കെ നിർബന്ധമുള്ളതുകൊണ്ട് നോക്കണില്ല ശ്രദ്ധിക്കണില്ല പറഞ്ഞാൽ കേൾക്കണില്ല എന്നുള്ള വിഷമം അതില്ലെങ്കിലോ അതിനാരാ തെളിവ് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ താനേ വളർത്തിക്കൊണ്ടുവന്ന വംശം തന്റെ തന്നെ മക്കൾ പാവം ഭഗവാൻ ഈ നാടകമൊക്കെ നടത്തിയത് നമ്മളെയൊക്കെ പഠിപ്പിക്കാനാണ് നമ്മളുടെ മക്കൾ പറഞ്ഞാ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കരുതല്ലോന്ന് പറഞ്ഞ് ഭഗവാന്റെ മക്കള് പറഞ്ഞാക്കാത്ത കഥകളൊക്കെ നമുക്ക് കാണിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ മക്കൾ തന്നെ പറഞ്ഞാക്കാതെ വേഷം കെട്ടി സന്യാസികളുടെ മുമ്പിൽ പോയി ഗർഭിണിയെ പോലെ നടിച്ച് അപ്പൊ നമ്മളുടെ മക്കള് തോന്നിയവാസം കാണിച്ച ഭഗവാന്റെ മക്കളും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് സക്സസ് ഭഗവത്ഗീത Gita for ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഭഗവത്ഗീത സക്സസ് എന്ന് വെച്ചാൽ എന്താ എല്ലാത്തിലും വിജയം കമ്പനിയിലെ വിജയം മാനേജ്മെന്റിലെ വിജയം അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം പരാജയം ഉണ്ടായിട്ടുള്ളത് കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിൽ പരാജയം കൃഷ്ണനാണ് കാരണം എന്താ താൻ വളർത്തിക്കൊണ്ടുവന്ന വംശം തന്റെ ചുവട്ടിലുള്ള ദ്വാരകയിൽ ഒക്കെ താറുമാറായി പരസ്പര അടി തല്ല് ബഹളം മധുരാപാനം ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും ടാങ്ക് ടാങ്കായിട്ട് കൊണ്ടുപോയി പ്രഭാസ തീർത്ഥത്തിൽ ഇതൊന്നും വെറും കഥയല്ല എന്ത് പരസ്പരം അടിച്ചു അപ്പൊ സക്സസ് എവിടെയാ സക്സസ് കൃഷ്ണനിലാണ് നടന്നതിലല്ല ഭഗവാൻ ഈ യുദ്ധം നടക്കുമ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു എന്നാണ് കാലരൂപി അൻവമോദാണ് സ്വയം കാലരൂപിയായി ഭഗവാൻ സന്തോഷിച്ചു അത്രേ ഒക്കെ നശിക്കണോ എളുപ്പത്തിൽ നശിക്കാൻ ഒരു വഴി ആ കുരുക്ഷേത്ര ഭൂമിയിൽ കുറെ ഒക്കെ നശിച്ചു അപ്പൊ ഇങ്ങനെയും നാശം അവർക്കും ഇവർക്കും തമ്മിൽ എന്ത് ഭേദം ഭഗവാനെ സംബന്ധിച്ച് അവരും തന്റെ സ്വന്തമല്ല ഇവരും തന്റെ സ്വന്തമല്ല ഇവര് തമ്മിൽ തല്ലുമ്പോൾ തന്റെ കുറച്ച് അസ്ത്രമെടുത്ത് എറിഞ്ഞിട്ട് ചിരിച്ചു ഭഗവാൻ ആ മന്ദഹാസ ആ ചിരിയാണ് സക്സസ് ആ ചിരിയിലാണ് സക്സസ് അല്ലാതെ പുറമേക്കുള്ള വിജയത്തിലല്ല ചിരിയിലാണ് സക്സസ് എന്നിട്ടോ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ മറഞ്ഞുപോയിക്കൂടെ മറഞ്ഞുപോയാൽ നമ്മൾ എന്ത് പറയും അദ്ദേഹം അവതാര അദ്ദേഹത്തിന് മറഞ്ഞു പോകുന്ന പോലെ പോവാം നമ്മ കൊണ്ട് പറ്റുവോ നമുക്ക് വ്യാധി വന്ന് തല വീണു ഫ്രാക്ചറായി വേദന ഇങ്ങനെയൊക്കെ മരിക്കേണ്ട ഗതിക അതിനു വേണ്ടിയിട്ട് തന്നെ ഭഗവാൻ കാലിൽ ഒരു അമ്പുകൊണ്ട് ഒരാണോ മരിച്ചു ശരീരം ഇവിടെ അങ്ങനെയാ എന്തിനാ നമുക്ക് കാണിച്ചു മുഴുവൻ നാടകല്ലേ അപ്പോഴും എന്താ അപ്പോ ആ അമ്പയിത് ആളെ അടുത്ത് വിളിച്ചിട്ട് അയാൾക്കു അനുഗ്രഹം ചെയ്തിട്ട് എന്ത് കാണിച്ചു തരുന്നു ശരീരത്തിന്റെ മണ്ഡലത്തിലോ ലോകത്തിലോ അല്ല പൂർണ്ണത്വം പൂർണ്ണത്വം അവനവന്റെ സ്ഥിതിയിലാണ് ഉള്ളിലാണ് ആ പൂർണ്ണത്വം ഉള്ളില് വെച്ചുകൊണ്ട് അപൂർണത്തിനോടുകൂടെ വിളയാടണം അപൂർണമാണ് ശരീരം ശരീരത്തിനെ പൂർണ്ണമാക്കാൻ ആർക്ക് സാധ്യമല്ല ലോകത്തിൽ പെർഫെക്ഷൻ ആര് കൊതിക്കുന്നുവോ അവന് മനസ്സിന് സമാധാനവും ഉണ്ടാവില്ല കുടുംബത്തിലെ പെർഫെക്ഷൻ ആരാഗ്രഹിക്കുന്നു അവന് മനസമാധാനം ഉണ്ടാവില്ല ഒരിക്കലും സമാധാനമായിട്ട് പരിപൂർണ തൃപ്തിയോടുകൂടെ നമുക്ക് ഇരിക്കാൻ സാധ്യമല്ല ഇവിടെ എപ്പോഴും കുഴപ്പമുണ്ടായിക്കൊണ്ടേയിരിക്കും ആ കുഴപ്പത്തിന്റെ ഒക്കെ നടുവിൽ വേണമെങ്കിൽ നമ്മളുടെ വകയും കുറച്ച് ഉണ്ടാക്കിയിട്ട് സമാധാനമായിട്ടിരിക്കാം സാക്ഷിയായിട്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കണം അവിടെയാണോ പൂർണ്ണത അല്ലാതെ അതുകൊണ്ട് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യത്തിലൊക്കെ ഉണ്ടാവും ബാല്യത്തിൽ ക്രീഡ നടക്കട്ടെ ആസക്തനാവരുത് കൗമാരത്തില് വിവാഹവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ ആസക്തനാവരുത് വാർധക്യത്തിൽ പലവിധ ദുഃഖങ്ങളുണ്ടാവും അടുത്തുള്ളവര് മരിച്ചു പോവും പല വിഷമങ്ങളും ഉണ്ടാവും നഷ്ടപ്പെട്ടു പോവും ചിന്താസക്തനാവരുത് ചിതയ്ക്കും ചിന്തയ്ക്കും എത്ര വ്യത്യാസമുണ്ട് ചിന്ത അല്ലെ അതിൽ ഇന്നൊരു വാക്കെടുത്ത ചിത ബിന്ദുമാത്രം വിശേഷണം ചിതാദഹതി മൃതംദേഹം ചിത എന്ത് ചെയ്യുന്നു ജഡത്തിനെ കത്തിക്കുമ്പോ ചിന്താദഹതി ജീവിതം ജീവിതം മുഴുവൻ കത്തിക്കും ഉള്ളിലിരുന്ന് ഇങ്ങനെ കത്തിച്ചു അല്ലേ അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ചിന്ത എന്ന് പറഞ്ഞ് കോൺക്രീറ്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടോ എന്താ വെറുതെ കരയണു വെറുതെ ടെൻഷൻ അടിക്കണോ വെറുതെ ഇരിക്കുന്നു എന്ന് പറയണു ബി പി പറയുന്നു ഇല്ലാത്ത ഒരു സാധനം ഉള്ളിലിരുന്ന് വെറുതെ വിഷമിപ്പിക്കാം എന്തിനോ ആലോചിച്ചിട്ടും മറ്റു നോക്കാം അതാണ് വൃദ്ധസ്ഥാവ ചിന്താസക്ത അതുകൊണ്ടാണ് വയസ്സുകാലത്ത് വാനപ്രസ്ഥാശ്രമം എന്ന് പറയുന്നത് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം പോട്ടെ എല്ലാ മക്കളും വേറെ അവരവരുടെ പാട്ടിൽ ഇരുന്നോട്ടെ ഇത്രയും കാലമൊക്കെ ചെയ്തു ഇനിയൊക്കെ മതി ഒക്കെ മറന്നു ഒരു റിട്ടയർമെന്റ് വന്നാൽ ഈ ചിന്തയുടെ വിഷമം വാനപ്രസ്ഥത്തിന് ഞങ്ങൾ എവിടെ പോവും കാടില്ലല്ലോ കാടൊന്നും വേണ്ട നമ്മളുടെ വീട് തന്നെ മതി എവിടെ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയൂ അത് തന്നെ വാനപ്രസ്ഥം ആശ്രമമോ അവിടെ ഇവിടെ ഒന്നും പോണെന്നില്ല നമ്മൾ ഒതുങ്ങിയാ മതി വാർദ്ധക്യത്തില് ശരീരത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ആത്മാവിലേക്ക് തിരിയണം ദേഹം ഞാനല്ല ദേഹത്തിന് മാത്രമേ വാർദ്ധക്യമുള്ളൂ ദേഹത്തിനാണ് യൗവനം ദേഹത്തിനാണ് ബാല്യം ദേഹത്തിനാണ് കൗമാരം ഞാൻ നിത്യനിരന്തര അനുഭവസ്വരൂപനായ ആത്മാവാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നറിയണം അങ്ങനെ അറിയുകയാണെങ്കിൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളൊന്നും എന്നെ ബാധിക്കില്ല അപ്പൊ ഈ സംസാര ചക്രത്തിൽ ചുഴലില്ല അല്ലെങ്കിലോ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജേയംസാരേ ബഹുദുഷ്ടേ ുരാരേ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭൂഢമതേ പുനം പുനരപ്പി മരണം അല്ലെ പിന്നീം ജനനം പിന്നെയും മരണം ഇപ്പൊ അപ്പൊ ജനിച്ചു ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാ എന്താ മരണം അത് കഴിഞ്ഞാലോ ഇവിടെ കുറെ വാസനകളോടുകൂടിയാണല്ലോ മരിക്കണത് അനേക ആഗ്രഹങ്ങൾ പലതും സാധിച്ചില്ല